അവർ പറഞ്ഞു ഇവൻ മോഷ്ടിച്ചുവെങ്കിൽ ഇവന്റെ ഒരു സഹോദരൻ മുൻപും മോഷ്ടിച്ചിട്ടുണ്ട് യൂസഫ് അലൈസ്സലാം അത് മനസ്സിൽ ഒളിപ്പിച്ചുവെച്ചു അവർക്കത് വെളിപ്പെടുത്തിക്കൊടുത്തില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കൂടുതൽ മോശമായ സ്ഥാനത്താണ് നിങ്ങൾ വിശേഷിപ്പിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുവത്ത് ആല കൂടുതൽ അറിയുന്നവനാണ്